എല്ലാവർക്കും പ്രണ അവൂത ഏതു സംവാദം അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഭഗവാൻ ബുദ്ധകരോട് പറഞ്ഞു ദുഃഖിച്ചിട്ട കാര്യമല്ല ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ അഖണ്ഡ ബോധരൂപമായ ബ്രഹ്മം അതിൽ കാണുന്ന വെറും ഭ്രമദൃശ്യങ്ങളാണ് മറ്റെല്ലാം ബുദ്ധകരെ ഞാനും നിങ്ങളും ഒക്കെ അത്രയുള്ളൂ അതുകൊണ്ട് ഞാൻ പോകുന്നിടത്ത് എന്നെക്കൂടെ കൊണ്ടുപോകണം എന്ന അങ്ങയുടെ ആവശ്യം തിന്നാൽ ഒരു പ്രസക്തിയുമില്ല ഞാൻ സർവത്ര നിറഞ്ഞ് നിൽക്കും ഇതൊക്കെ കേട്ടിട്ട് ഉദ്ധവർ പറഞ്ഞു ഭഗവാനെ അവിടുന്ന് പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ ഞങ്ങളെപ്പോഴെ എല്ലാവർക്കും പെട്ടെന്ന് ആ തത്വം അങ്ങോട്ട് ഗ്രഹിച്ച് ദുഃഖം പൂർണ്ണമായി ഒഴിവാക്കാൻ പ്രയാസമായിരിക്കുന്നു അതുകൊണ്ടങ്ങ് കുറച്ചുകൂടെ വിശദമായും ലളിതമായും ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ കൊള്ളാം അത് കേട്ടിട്ട് ഭഗവാൻ തുടർന്നു അല്ലെ ഇച്ചവരെ സത്യം കാണാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സത്യം കാണണം എന്ന ഉള്ളിൽ ഗാഠമായ ഒരാഗ്രഹം വരണം ഈ ആഗ്രഹം വരുമെങ്കിൽ മറ്റ് സാമഗ്രികളെല്ലാം സ്വയം എത്തിക്കൊള്ളൂ അതിനുവേണ്ടി വലിയ പ്രയത്നമൊന്നും ചെയ്യണ്ട ഈ ആഗ്രഹത്തിൻ്റെ കുറവാണ് ഇന്ന് ഏറ്റവും വലിയ കുറവായി ഇരിക്കുന്നത് സത്യമറിയണം എനിക്ക് സത്യമറിയണം ഞാൻ എന്തിനു എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്റെ ജീവിതത്തിന് ഇതുകൊണ്ട് സാഫല്യമുണ്ടോ സത്യമെന്ത് ഇതിൻ്റെ ഒക്കെ സത്യമെന്ത് ഇതറിയണം എന്ന് ഉള്ളിൽ ഗാഠമായ ആഗ്രഹം വന്നാൽ മറ്റെല്ലാ സാമഗ്രികളും തനിയെത്തുമെന്നും ശാസ്ത്രനിർണയം സാമഗ്രിയുടെ അഭാവം കൊണ്ട് ഇന്നുവരെ ആർക്കും സത്യബോധം തടയപ്പെട്ടിട്ടില്ല പക്ഷേ അധികമാളുകൾക്കും ഇത് വേണമെന്ന് താല്പര്യമില്ല ഭഗവാൻ തന്നെ പറയുന്നു ഇപ്പൊ ഗുരു ഗുരുവിനെ കുറിച്ചാണല്ലോ ഒട്ടേറെ ബന്ധപ്പാണ് പലർക്കും എന്തു ചെയ്യാം സത്യം അറിയാമെന്ന് വെച്ചാൽ ഒരു ഗുരുവിനെ കിട്ടുന്നില്ല ഗുരുവിനെ കിട്ടണ്ടേ സാർ എന്നോട് പലരും പറയാറുണ്ട് അപ്പോ കൃഷ്ണൻ പറയുന്നു ബുദ്ധവരെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇതിന് Guru ഗുരുന്തണമെന്നങ്ങനെ നിർബന്ധമല്ല പ്രായേണ സുജനാലോകെ ലോകതത്വവിചക്ഷണ സമുദ്രം ദുഷ്യാത്മാനം ആത്മന uthare ശുഭാശയാഥരെ Guru Illengil ഇല്ലെങ്കിൽ പോലും നിങ്ങൾ അല്പമൊന്ന് ചിന്തിക്കൂ പ്രായേണ സുജനാലോകെ സുജനങ്ങൾ സത്യമറിയണം എന്ന് താല്പര്യം ഉള്ളവർ ലോകതത്വ വിചക്ഷണ ഈ ലോകത്തെ നോക്കിക്കണ്ട് ഒന്ന് ചിന്തിക്കൂ ലോകതത്വങ്ങൾ നോക്കിക്കാണുന്നതിൽ വിചക്ഷണന്മാർ ലോകതത്വങ്ങൾ എന്നുവെച്ചാൽ ഈ ലോകത്തിപ്പൊ എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ ഒന്ന് നോക്കിക്കാണും ലോകതത്വ വിചക്ഷണ സമുദ്ധരന് ദിഹ്യാത്മാനം അവർ അവരെ സമുദ്ധരിക്കുന്നു എങ്ങനെ ആത്മനീവർ താൻ തന്നെ തന്നെ സമുദ്ധരിക്കുന്നു ഗുരുവരട്ടെ ഒരു ഇത് നല്ല ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു ഒരുപാട് പേർക്ക് ഗുരു ഗുരു ഒരു വല്ലാത്ത ചിന്തയാണ് ഇതൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് വേണ്ടാത്ത ഗുരുക്കന്മാരുടെ കയ്യിലൊക്കെ ചെന്ന് പേടും പിന്നെ സത്യ മാർഗം തടയപ്പെടുകയും ചെയ്യും അതുകൊണ്ട് അതൊക്കെ വരും നിങ്ങൾക്ക് ഈ ആഗ്രഹമുണ്ടോ കൃഷ്ണൻ പറയുന്നതാണോ എന്നിട്ട് അദ്ദേഹം അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ആത്മനോ ഗുരുവാത്മൈവ ആത്മാവിന്റെ ഗുരു ആത്മാവ് തന്നെ ശ്രദ്ധിക്കുവോ ആത്മനോ ഗുരുരാത്മൈവ പുരുഷ വിശേഷ വിശേഷിച്ചും നീ മനുഷ്യന് മൃഗങ്ങളുടെ കാര്യം മാറ്റിവെച്ചേക്കും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ചെടികളുടെയും ഒക്കെ കാര്യം അവിടെ ഇരിക്കട്ടെ മനുഷ്യന് വിശേഷബുദ്ധി തന്നിരിക്കുന്നില്ലേ അതുകൊണ്ട് ആത്മനോ ഗുരുരാത്മയോ പുരുഷസ്യ വിശേഷത എപ്രത്യക്ഷാനുമാനാഭ്യാം ശ്രേയോത്സവോ വിന്ദത്തെ പരം പ്രത്യക്ഷത്തിൽ കാണുന്നവയെ പരിശോധിച്ചും അതുകൊണ്ട് മറ്റ് കാണാത്തവയെ കുറിച്ച് അനുമിച്ചും ഊഹിച്ചും എന്തുകൊണ്ട് ശ്രേയസ് കൈവരിച്ചുകൂടാ എന്താ ഈ ശ്രേയസ് പേടിക്കാനൊന്നുമില്ലേ ബ്രഹ്മാനുഭവം അതൊക്കെ ഈ ബ്രഹ്മാനുഭവം എങ്ങനെ സാർ കിട്ടുന്നത് ഞാൻ ചോദിക്കട്ടെ ദുഃഖം മാറ്റണമെന്നല്ലേ നമ്മുടെയൊക്കെ ആഗ്രഹം എല്ലാവരും ബ്രഹ്മാനന്ദത്തിനുവേണ്ടി അറിയാതെ പ്രവർത്തിക്കുകയാകും എന്താ കാര്യം ദുഃഖം മാറിക്കിട്ടണം അതിനുവേണ്ടിയല്ലേ നേരം വിളിച്ചാൽ ഇരട്ടുന്നേരമുള്ള പ്രയത്നം ദുഃഖം മാറിയാകും ാക്കി നിൽക്കുന്നതാണ് ബ്രഹ്മാനന്ദം ബ്രഹ്മാനുഭവം ദുഃഖം ബ്രഹ്മം സുഖമാണ് കം ബ്രഹ്മം ബ്രഹ്മൻഷത്വ ആനന്ദമാണ് സുഖമാണ് ബ്രഹ്മം ദുഃഖം മാറ്റും ഈ ലോകത്തെ നോക്കിക്കണ്ട് എന്തുകൊണ്ട് പഠിക്കുന്നില്ല ഇവിടുത്തെ ഏത് ദുഃഖവും സ്വന്തം തെറ്റായ കൽപ്പനകൾ കൊണ്ട് അനുഭവിക്കാനിട വരുന്നു ഇനി അനുഭവിച്ചാൽ തന്നെ ദുഃഖാനുഭവം കൊണ്ട് ഏതെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെടുമോ ഇവരൊറ്റ ചിന്ത മതി ഗീതയിൽ ഭഗവാൻ ആദ്യം തന്നെ പറയുന്നതാണ് ദുഃഖം കൊണ്ട് ഈ ലോകത്ത് എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെടുമോ അപ്പൊ കൃഷ്ണ എന്താ ദുഃഖം ക്ഷുദ്രം ഹൃദയ ദൗർബല്യം വെറും ഹൃദയ ദൗർബല്യമല്ല ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ദുഃഖം ഈ ദുഃഖം കൊണ്ട് ഏത് പ്രശ്നമാണ് ഇന്നുവരെ പരിഹരിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് അതാണ് കൃഷ്ണൻ പറയുന്നത് ആത്മാനോ ഗുരുരാത്മൈവ നിങ്ങളൊന്ന് ചിന്തിക്കൂ പുരുഷ വിശേഷത വിശേഷബുദ്ധിയുള്ള ഈ പുരുഷന്റെ കാര്യത്തിൽ അത് കുറച്ചുകൂടെ സ്പഷ്ടം ഈ പ്രത്യക്ഷ അനുമാനാഭ്യാം പ്രത്യക്ഷം കൊണ്ട് നമ്മൾ ഇന്ന് ഇന്ന് ഒരു ഭഗവത് പറയാം ലോകത്ത് മുഴുവൻ ഉള്ള ദുഃഖങ്ങൾ ഏതാണ്ട് ഏറെക്കുറെ നമ്മുടെ മുറിയിലിരുന്ന് കാണാം അത് ഒന്ന് കണ്ടുനോക്കും എവിടെയുള്ള വലിയ വലിയ ഭരണാധികാരികളുടെ ദുഃഖങ്ങൾ വലിയ വലിയ കോടീശ്വരന്മാരുടെ ദുഃഖങ്ങൾ വലിയ വലിയ ബിസിനസ്സുകാരുടെ ദുഃഖങ്ങൾ അവരെയൊക്കെ അവ അവരെയൊക്കെ നമ്മുടെ മുറിയിൽ കാണാം മോറികൾ അത് വെച്ചുകൊണ്ടൊന്ന് ചിന്തിക്കാം അവരിൽ ആരെങ്കിലും കാര്യമായ സുഖം അനുഭവിക്കുന്നുണ്ടോ ോകത്ത് നടക്കുന്ന സംഭവങ്ങൾ ഇത് ഇന്ന് തന്നെ എന്താ ആസാമിലും മറ്റും വെള്ളപ്പൊക്കം നടക്കുന്നു വീട്ടിലിരുന്ന് കാണാമേ ആസാമിലെ വെള്ളപ്പൊക്കം അൻപത് ലക്ഷത്തിലേറെ ജനങ്ങൾ അൻപത് ലക്ഷത്തിലേറെ ജനങ്ങൾ പരമദുരിതത്തിലാണ് അതൊക്കെ രക്ഷാപ്രവർത്തന രക്ഷാപ്രവർത്തനമൊക്കെ ഉണ്ട് പക്ഷെ വീടുകൊട്ട് പോയി എത്രയോ പേര് മരിച്ചു ഇന്നിപ്പോ ഒരിടത്ത് നൂറ് പേര് മരിച്ചു വെള്ളപ്പൊക്കം വെള്ളങ്ങൾ പെട്ടെന്ന് വന്ന് കയറി തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികൾ ഈ മൂന്നാല് മണിക്കൂറേട്ടുള്ളൂ നൂറ് പേര് മരിച്ചു ഇതൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് കാണുകയാണ് ഇതിനൊക്കെ എന്താ പരിഹാരം രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുന്നുണ്ട് രക്ഷാപ്രവർത്തനം എന്താ ദുഃഖം പാടെ മാറ്റുന്നുണ്ടോ വീടില്ലാത്ത വരെ ലക്ഷക്കണക്കിന് അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ കൊണ്ടുമല്ല പ്രാഥമിക കാര്യങ്ങൾ പോലും നടത്താൻ നിർവാഹമില്ലാത്ത അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ കൊണ്ട് താമസിപ്പിക്കുന്നു അത് വെള്ളപ്പൊക്കത്തിൽ മാത്രമല്ല മറ്റു ദുരിതങ്ങളിലെല്ലാം ഇതാണ് ഈ ദുഃഖം പരിഹരിക്കാൻ പക്ഷെ അതേ ഉള്ളൂ നിവൃത്തി കയറാൻ നിവർത്തിയുണ്ടെന്നല്ല ഇതൊക്കെ ഒന്ന് നോക്കിക്കാണോ ജീവിതം ഇതിന് മാനസികമായി ദുഃഖിച്ചിട്ട് പോയതുകൊണ്ടോ ഇപ്പോ അത് ആർത്ഥികളുള്ള ഒരാൾ അല്ലെങ്കിൽ വീട് വിട്ടുപോയ ഒരാൾ ദുഃഖിക്കുന്നു അവിടെ ഇന്ന് കരയുന്നു ദുഃഖം മാറുമോ അപ്പോ എല്ലാവർക്കും ഇതൊക്കെ പറ്റുമോ സാർ വീടൊക്കെ വിട്ടുപോയാൽ ദുഃഖിക്കാതെ പിന്നെ എന്ത് ചെയ്യും കാര്യം ശരിയാണ് എന്താ കാര്യം സത്യമറിയാത്തതുകൊണ്ടുള്ള ക്ഷുദ്രം ഹൃദയ ദൗർബല്യം വീട് വിടുന്നു പക്ഷെ ദുഃഖിച്ചതുകൊണ്ട് ഇത് പരിഹരിക്കാൻ പരിഹരിക്കാവുന്നത് ചെയ്യൂ അപരിഹാരിയർത്ഥ നത്വം ശോചിത്തും അർഹസി കൃഷ്ണൻ പറയുന്നത് അതാ പരിഹരിക്കാൻ വയ്യാത്ത കാര്യത്തിൽ നിങ്ങൾ എന്തിനു ദുഃഖിക്കുന്നു ദുഃഖിച്ചു പോകുന്നു അതെ എന്തുകൊണ്ട് ഈ ജഗത്തിന്റെ നിസ്സാരത്ത അറിയാൻ വയ്യ അതിപ്പോ എല്ലാവർക്കും അറിയാൻ നോക്കുകയുമില്ല ഈ ദുഃഖം ഇങ്ങനെ തുടർന്ന് പോവും ഇതൊന്നും പരിഹാരമേ ഇല്ല ചില ചില്ലറ പരിഹാരം അതുകൊണ്ട് ദുഃഖമൊന്നും മാറില്ല െന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ ധൈര്യമുണ്ടെങ്കിൽ അവരവർ വന്നു ചേരുന്ന ഏത് ദുഃഖത്തിലും എന്ത് ധൈര്യം വേണം സത്യബോധം വേണം അതിനാണ് ഈ സത്യം ഉറപ്പൂരുത്തവും ആധ്യാത്മികം ആധിഭൗതികം ആധിദൈവികം ഇങ്ങനെ മൂന്ന് തരം ദുഃഖങ്ങളാണ് ഈ ലോകമുണ്ടായ കാലം മുതൽ ആധ്യാത്മിക ദുഃഖങ്ങളാണ് മാനസികവും ശാരീരികവുമായ രോഗങ്ങൾ അതിനൊക്കെ ചെയ്യാവുന്നതൊക്കെ ചെയ്യൂ പക്ഷേ ചെയ്ത് ചെയ്ത് ഇന്ന് ഏറ്റവും മാനസികവും ശാരീരികവുമായ രോഗങ്ങൾ കൂടുതലാണ് അപ്പൊ പരിഹാരം ഇവിടെ എത്തി ഇന്ന് രോഗമില്ലാത്തവരില്ല രോഗത്തെമ്പാടും എന്താന്ന് വെച്ചാൽ പരിസ്ഥിതി മോശം ആഹാരം മോശം ദിവസേനുമുള്ള േഡിയോയിലും ഒക്കെയുള്ള പ്രസ്താവനകളൊക്കെ നോക്കുക അതിനൊക്കെ ഇപ്പൊ എന്ത് ചെയ്യാൻ സാർ എന്ത് ചെയ്യാൻ ചെയ്യാവുന്നൊക്കെ ചെയ്യൂ അതിന് ഏതം ഒരിക്കലും തടസ്സം നിൽക്കുന്നില്ല പരമാവധി ചെയ്യാവുന്നൊക്കെ ചെയ്യൂ അതിനപ്പുറം കരയാതിരിക്കൂ കൃഷ്ണൻ പറയുന്നു അതെങ്ങനെ സാർ കരയാതിരിക്കുന്നത് സത്യം മനസ്സിലാക്കൂ ഇവിടെയൊന്നുമില്ല ഇത് വെറും സ്വപ്നം വെറും ഒരു ഇന്ദ്രജാലം ഇതാണ് ആധ്യാത്മിക ദുഃഖം ആദിഭൗതിക ദുഃഖം എന്താ വെള്ളപ്പൊക്കം ഈ ഭൂതങ്ങളിൽ നിന്ന് വന്നു ചേരുന്ന ദുഃഖം വെള്ളപ്പൊക്കം കൊടുങ്കാറ്റ് ഭൂകമ്പം ഇങ്ങനെ പോകുന്നു ആ ദുഃഖത്തിന്റെ പട്ടിക ഈ ലോകമുണ്ടായ ഏലം നടക്കുന്നു പരിഹാരമുണ്ടോ അപ്പോഴെപ്പോഴും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു ആത്യന്തികമായ പരിഹാരമുണ്ടോ ഒരു പരിഹാരമൊന്നുമില്ല പണ്ടത്തേക്കാൾ കൂടുതൽ പണ്ടത്തേക്കാൾ ഇന്ന് ഭൂകമ്പം കൂടുതൽ വെള്ളപ്പൊക്കം കൂടുതൽ ഇതായിപ്പൊ നടന്നുകൊണ്ടിരിക്കുക ഇന്ത്യയിൽ വെള്ളപ്പൊക്കം എത്രയോടത്തെ അതിഭയങ്കരം വെള്ളപ്പൊക്കം എന്താ ചെയ്യുക കൊടുങ്കാറ്റ് വെള്ളപ്പൊക്കം ഭൂകമ്പം ആധിഭൗതിക ദുഃഖങ്ങൾ ഇതിനെന്താ പരിഹാരം പറ്റുന്ന പരിഹാരമൊക്കെ ചെയ്യൂ വേണ്ടെന്ന് ഒരിക്കലും പറയുന്നില്ല പക്ഷെ കരഞ്ഞതുകൊണ്ടോ അപ്പോഴും പറയുന്നത് പോയി എന്ത് ചെയ്യാൻ സർ കരയാതിരിക്കാൻ പറ്റുമോ പറ്റുമെന്ന് നോക്കൂ ഒറ്റ വഴിയേ ഉള്ളൂ ഈ ജഗത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക പുംസോ അയുക്ത മാനാർത്ഥോ പ്രത് ലോഹമുള്ളതൽ അനുഭവിച്ചാലും മനസ്സിലാക്കില്ല എന്ന് വെച്ചാലോ ഈ ലോകം തുടങ്ങിയ അന്ന് മുതൽ ഈ ജലപ്രപഞ്ചം തുടങ്ങിയത് എന്നാണെന്നൊന്നും നിശ്ചയമില്ല അന്നു മുതൽ ഇത് തന്നെ ജനിക്കുക മരിക്കുക എന്നുള്ളത് തന്നെ അത്യന്തം ദുഃഖമാണ് കൃഷ്ണൻ പറയുന്നതാണ് അത് ഈ സത്യം പരമസത്യം പിടിയിട്ടില്ലെങ്കിലും ഇവിടെ ദുഃഖിച്ചിട്ട് വിശേഷമൊന്നുമില്ല നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാം അതിനപ്പുറത്ത് നല്ല ധീരനായി ദുഃഖിക്കാതിരിക്കൂ ബ്രഹ്മനിഷ്ഠ ബ്രഹ്മനിഷ്ഠ ഇതാണ് ആധിഭൗതിക ദുഃഖം ഇനി ആധിദൈവിക യുക്തം ഓർക്കാപ്പുറത്ത് വരുന്ന അപകടങ്ങൾ ഇന്ന് ഈ അപകടങ്ങൾ മറ്റെങ്ങത്തേക്കാളും കൂടിയിരുന്നു വാഹനാപകടം ചാളുടെ ആൽപ്പരുപ്പവും വഴികളുടെ ദുർഘടതയും ട്രെയിനുകൾ തന്നെ ഇപ്പൊ ദിവസേന പറയുന്നു പണ്ടൊന്നും ഇത്രയില്ലായിരുന്നു ഇപ്പൊ ദിവസേന ട്രെയിനുകൾ പറയുന്നു പിന്നെ വാഹനാപകടമില്ലാത്തവരൊറ്റ ദിവസമില്ല അങ്ങനെ ആധി ദൈവിക ദുഃഖം ീ ദുഃഖങ്ങളെ എങ്ങനെ മാറും ധീരമായി സത്യമന്വേഷിക്കൂ പിന്നെ കുറെ പണം ഉണ്ടാക്കിയാലും ഇത് മാറുമോ ഈ അത് രണ്ടുപേരും ഈ അടുത്ത വലിയ ധനുഗന്മാരുടെ വീട്ടിൽ പോയി താമസിച്ചു അവർക്ക് അവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് തോന്നി എന്താണ് അവിടുത്തെ സ്ഥിതി എന്ന് അത് ഈ അവരവർക്ക് ചിന്തിച്ച് മനസ്സിലാക്കിക്കൂട്ടെ ബ്രഹ്മൊക്കെ എവിടെ ഇരിക്കട്ടെ അല്ല ദുഷ്യവന്റെ ദുഷ്യന്ത രാജധാനിയിൽ കണ്ണ മഹർഷിയുടെ രണ്ട് ശിഷ്യന്മാർ ശാരദ്വനും ശാരംഗധരനും ശകുന്തളെ ദുഷ്യന്തനെ കൊണ്ടയപ്പിക്കാനായിട്ട് അവിടെ ചെന്നു അവര് കുറച്ചു നേരം അതിനകത്തു നിന്നു നിന്നിട്ട് അവര് പറയുന്ന എന്താണെന്നറിയാമോ നാലുപാടും തീപിടിച്ച ഒരു വീട്ടിനകത്ത് നിൽക്കുന്ന പ്രതീതി ഇതാണെന്ന് പല സ്ഥലത്തും നാലുപാടും തീപിടിച്ചിരിക്കുന്നു ചക്രവർത്തിയുടെ കൊട്ടാരമാണ് പക്ഷെ അവർക്ക് അവിടെ നിന്നിട്ട് ഐശ്വര്യ ഇവിടെ നിന്ന് പുറത്ത് ചാടാനെങ്ങനെ വേണ്ടി നാലുപാടും തീപിടിച്ച പ്രതീതി ഇതാണ് എന്നോട് അടുത്ത ദിവസങ്ങളിൽ ഒന്ന് രണ്ടുപേരും എന്ന് പറഞ്ഞ ഒന്നി രണ്ടത്ത് പോയ സ്ഥിതി നാലുപാടും തീ പിടിച്ച ചുറ്റുപാട് ഇവിടെയാണോ ഇവിടെയാണ് ഭഗവാൻ പറയുന്നത് നിങ്ങൾ സ്വയം ചിന്തിച്ച് പ്രത്യക്ഷ അനുമാനാഭ്യം ഒരിടത്താണെങ്കിൽ വേറൊരു തന്നെ സ്ഥിതി പ്രത്യക്ഷമായിട്ട് കാണുന്നു വീട്ടിലിരുന്ന് ആ അനുമാനം കൊണ്ടൂഹിക്കൂ ഇവിടെ ഇന്ത്യയിലെ പട്ടണങ്ങളിൽ നടക്കുന്നത് തന്നെ ന്യൂയോർക്കിലും ലണ്ടനിലും ഒക്കെ ചിലപ്പോ ഇതിനേക്കാൾ എത്രയോ കൂടുതൽ അപ്പൊ ഇവിടെ വന്നത് വെച്ചുകൊണ്ട് മറ്റുള്ളിടത്തും അനുഭവിക്കൂ അനുമാനിക്കൂ ഇവിടുന്ന് അവിടെ പോയാൽ എല്ലാം സുഖം തഥൂത്ര പണ്ടേ ഉപനിഷത്ത് പറയുന്നു കുഞ്ഞ് ഇവിടെ അതൊക്കെ തന്നെ അപ്പുറത്തും വാസ്തവത്തിൽ അല്പം ചിന്തിക്കുന്നവർക്ക് ഈ സത്യാനുഭവം വളരെ എളുപ്പം ച പണ്ട് വളരെ ദൂരെ നടക്കുന്ന ഇത്തരം ദുരന്തങ്ങൾ ആരും അറിയില്ല ആരും അറിയില്ല ഇന്നങ്ങനെയല്ല ഇന്നങ്ങനെയല്ല ഒരു ചെറിയ മൊബൈൽ ഫോണും കൂടെ പാക്കറ്റിലുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രയാസമല്ല എന്തും എപ്പോഴുള്ള നമുക്കറിയാം അങ്ങനെ ഒരു സ്ഥിതിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നല്ലത് നല്ലത് കൃഷ്ണൻ പറയുമ്പോൾ പ്രത്യക്ഷ അനുമാനാഭ്യം അല്പം ബുദ്ധിയുള്ളവർ പ്രത്യക്ഷവും അനുമാനവും കൊണ്ട് ശ്രേയസവും ഇന്ദത്തെ ശ്രേയസന പ്രാപിക്കുന്നു എന്താ ഞാൻ ദുഃഖിക്കില്ല തീരുമാനിക്കുന്നു ബ്രഹ്മമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടേ ഇല്ലെങ്കിൽ വേണ്ട കാരണം ഞാൻ ദുഃഖിച്ചിട്ടൊരു ഫലവുമില്ല ഒരു ഫലവുമില്ല ഞാൻ എത്ര കണ്ണു കണ്ണുനീർ വാർത്ത് ഒരു ദുഃഖത്തെ പരിഹരിക്കാൻ പറ്റൂ ഞാൻ ദുഃഖിക്കുകയില്ല നമുക്ക് ഒരു പ്രതിജ്ഞ ഇന്ന് ഇവിടെ ഇരുന്ന് അങ്ങോട്ടെടുക്കാൻ ചിലരൊക്കെ പ്രതിജ്ഞ എടുക്കുന്നുണ്ടല്ലോ ഇപ്പം എഴുച്ച് പ്രതിജ്ഞയും ഞാൻ ചെയ്യണ്ട ഉള്ളിലും ഞാൻ ഇന്നുമുതൽ ദുഃഖിക്കുകയില്ല ചെയ്യാമെന്ന് ഒക്കെ ചെയ്യും എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുക ദുഃഖം മാറ്റം പരിവസ്ഥിതി ചുറ്റുപാടനുസരിച്ച് എനിക്ക് എന്തൊക്കെ ചെയ്യാമോ ഒക്കെ ചെയ്യും പക്ഷെ ഞാൻ ദുഃഖിക്കില്ല എന്ന് തീരുമാനിക്കൂ ഇതാണ് തീരുമാനിച്ചാൽ ബ്രഹ്മാനുഭവം ദുഃഖം മാറിയാൽ ബാക്കി നിൽക്കുന്നതാണ് ബ്രഹ്മം കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ദുഃഖ സംയോഗിയോഗം യോഗസജ്ഞിതം ദുഃഖം എന്നിൽ വരില്ല ഇതുറപ്പുവരുത്തും യോഗം യോഗം എന്ന് വെച്ചാൽ ബ്രഹ്മാനുഭവം ജീവ ബ്രഹ്മൈക്യം ഇതിനെയാണ് നമ്മൾ ബ്രഹ്മാനുഭവം നമുക്കൊന്നും കിട്ടില്ല എന്നും പറഞ്ഞ് കണ്ണോള ചിരുന്നങ്ങനെ രാവകൽ ദുഃഖിക്കുക കരയുക വരുന്നവരോടൊക്കെ പറഞ്ഞേൽപ്പിക്കുക ഭഗവാൻ ആദ്യമായി പറഞ്ഞുവിടോ അർജുന ീ ജഡപ്രപഞ്ചമാണോ മാത്രാസ്പർശാസ്തുഖവുത്തേയ ശീതോഷ്ണസുഖദുഖദാഹ മാത്രാസ്പർശങ്ങൾ ഇന്ദ്രിയങ്ങളും ജഡവിഷയങ്ങളും നിശ്ചയമായി അല്പം സുഖിപ്പിക്കും ദുഃഖിപ്പിക്കും പക്ഷെ അവയൊക്കെ അർജുന താൻ സ്ഥിതിക്ഷസ്വഭാരത്ത അത് തിദിക്ഷയോടെ നേരിടൂ എന്താ തിദിക്ഷ സഹനം സർവദുഖാനം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സിതിക്ഷാ നികദ്യത്തെ സക്കര ദുഃഖങ്ങളും എന്ത് ദുഃഖമോട്ട് അപ്രതീകാരപൂർവകം പ്രതികാരമില്ലാതെ നേരിടൂ പ്രതികാരം എന്ന് വെച്ചാൽ എന്താ പ്രതിനിധിയാവാം പരമാവധി ഇന്ന് പ്രതികാരമാണ് എന്താ പ്രതികാരം കടം വന്നു അവനവൻ്റെ കൊഴുക്കുള്ളരുന്നതുകൊണ്ടാണ് കടം വരുന്നത് എന്നാ എന്ത് ചെയ്യാം പറ്റുന്നിടത്തോടൊക്കെ ഒന്ന് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച് മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി കടാൻ കടം ശ്രമിക്കുക വരാൻ ശ്രമിക്കൂ മാറ്റാൻ ശ്രമിക്കൂ അതല്ല അവൻ മറഞ്ഞു നോക്കില്ല പിന്നെ കുടുംബത്തോടെ ആത്മഹത്യ നാലോ അഞ്ചോ രൂപയാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയും വിഷം കൊടുത്ത് ആത്മഹത്യ ഇവിടെ അടുത്തൊക്കെ തന്നെ തികഞ്ഞ ബുദ്ധിശൂന്യത കൊണ്ട് ലക്ഷക്കണക്കിന് കടം വരുത്തി വെച്ചിട്ട് കുഞ്ഞുങ്ങളെയോ ഒരിടത്ത് പോയി കുഞ്ഞുങ്ങൾക്കും വിഷം കൊടുത്തു ഭാര്യയും എത്ര കേസസ് എന്തായത് ഇതാണ് പ്രതികാരം ചെയ്യാതെ അത് പ്രതികാരമാണ് പ്രതിവിധി അങ്ങനെയല്ല എല്ലാവരോടും ആലോചിച്ച് പറ്റുന്നിടത്തോളം ഒക്കെ അത് നമുക്ക് നോക്കാം അല്ലെങ്കിൽ കുറച്ച് കഷ്ടത വരട്ടെ എങ്കിലും നായിട്ട് ഈ കടുത്ത പ്രതികാരങ്ങളൊന്നും ചെയ്യത്തില്ല അല്പം നേരത്തെയൊക്കെ ചിന്തിച്ചാൽ പ്രത്യക്ഷ അനുമാനം ഇതെക്കുറിച്ചുകൊണ്ട് ചിന്തിച്ചാൽ ഇതൊന്നും വരില്ല ഈ തത്വബോധം കൂടെ അല്പമുണ്ടെങ്കിൽ ഒന്നും വരില്ല ഇതല്ലാതെ ഇതിന് വേറെ പ്രതിവിധിയൊന്നുമില്ല പ്രത്യക്ഷാനുമാനാഭ്യം ഇതുപോലെ പ്രതികാരം തിദിക്ഷാ സഹനം സർവദുഖാന അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം ചിന്തിക്കും ചിന്തിച്ച് ചിന്തിച്ച് ദുഃഖിക്കുകയാണ് കരഞ്ഞ് കരഞ്ഞ് ദുഃഖിക്കുകയാണ് വരുന്നവരോടെല്ലാം പറഞ്ഞ് പറഞ്ഞു ദുഃഖിക്കുകയാണ് ദുഃഖം മാറുമോ The ഉള്ളൂ ഇത്ര ബുദ്ധിശൂന്യനാണ് മനുഷ്യൻ സ്വയം കടുത്ത അനർത്ഥങ്ങൾ വരുത്തി വെച്ചിട്ട് പ്രതികാരങ്ങൾ ചെയ്തും ദുഃഖിച്ചും കരഞ്ഞും കഴിഞ്ഞുകൂടെ രക്ഷിക്കാൻ കഴിയും ഒരു ഗവൺമെന്റിനും രക്ഷിക്കാൻ കഴിയില്ല ഗവൺമെന്റ് പിന്നെ അങ്ങനെയാ ഗവൺമെന്റ് നമ്മ രക്ഷപ്പെടുത്തുന്നത് ഗവൺമെന്റിന് കടുത്ത ദുഃഖം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് ദുഃഖം എന്ന് വെച്ചാൽ ഗവൺമെന്റ് അയക്കുന്നവർക്ക് അപ്പോ അർജുന തിക്ഷ താൻ സ്ഥിതിക്ഷസ്വഭാരത്വ ചിന്താ വിലാപരഹിതം സഹിക്കൂ ആ സത്യത്തെ ഓർമ്മിച്ച് ധീരമായി ഞാൻ കറിയില്ല ഓ അങ്ങനെ സഹിച്ചാൽ ഓ കൃഷ്ണ സഹിച്ചാൽ അമൃതത്വം ആണ് കൃഷ്ണൻ പറയുന്നു ആര് തിഷ അംഗീകരിക്കുന്നു അവർക്ക് അമൃതത്വം അമൃതത്വമായ കൽപ്പത്തെ ചെ ദുഃഖം മാറും ബാക്കി എന്താ ബ്രഹ്മാനുഭവം അതിരിക്കട്ടെ എന്തായാലും ഉദ്ധവരോട് പക്ഷെ ഇതൊന്നും ഞങ്ങൾക്കൊന്നും സാധിക്കില്ല കൃഷ്ണ വളരെ പ്രയാസമാണ് ആ ഉദ്ധവരോട് അവധൂത ഏതു സംഭവത്വം ഇത് തന്നെ ഏതു ചക്രവൃത്തി അലഹിച്ച് ഞങ്ങളുടെ കുടുംബത്തിലെ പൂർവികൻ ആദ്യത്തെ ആളായിരുന്നു ചക്രവർത്തി അദ്ദേഹം ഒരു ദിവസം കൊട്ടാരത്തിന്റെ വാതിൽക്കലങ്ങനെ നിൽക്കുകയായിരുന്നു ഒരു ചെറുപ്പക്കാരൻ അതിലെ നടന്നു അത്യന്തം പ്രസന്നം പുഞ്ചിരി മുഖം ഒന്നിനെയും കൂട്ടാക്കാത്ത സുഖസാമഗ്രികളൊന്നും കയ്യിലില്ല ഒരു മരവരിയോ എന്തുകൊടുത്തിട്ടുണ്ട് ആ പ്രസന്നത ആ ചെറുപ്പക്കാരന്റെ പ്രസന്നത കണ്ടപ്പോൾ തന്നെ യുജക്രമത്തെ അത്ഭുത പരവശനായി പോയി ചെത്താൻ വലിയ സുഖസംഭാരങ്ങളും അതും ഇതും ഒക്കെ ആയിട്ട് ഇവിടെ ഇരുന്നിട്ട് എനിക്കിങ്ങനെ നിഷ്കളങ്കമായി ഒന്ന് പുഞ്ചിരിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ ഈ ചെറുപ്പക്കാരനെ അത് വെറും ഒരു തോർത്തു കൊണ്ടു കൊണ്ടിതിലെ പോകുന്നു അയാളുടെ മുഖം കണ്ടിട്ട് തന്നെ ആനന്ദം ചുറ്റുപാടും കളിയാടി നിൽക്കുന്നതായി യജുവിന് തോന്നി അദ്ദേഹം അവളിൽ നിന്നും അദ്ദേഹത്തെ വിളിച്ചു ആ ചെറുപ്പക്കാരനെ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു എന്താ അങ്ങിത്ര സന്തുഷ്ടനായിട്ട് കാണുന്നു സുഖസാമഗ്രികൾ ഒന്നും കാണുന്നില്ലല്ലോ നല്ല വസ്ത്രധാരണമില്ല വേറെ അങ്ങക്ക് സുഖിപ്പിക്കുന്നതൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നിട്ടെന്താ ഇത്ര സന്തുഷ്ടനായി അങ്ങ് പോകുന്നത് അപ്പോ അവധൂതൻ പറഞ്ഞാണിതാണ് അവധൂത സംവാദം അവധൂതൻ പറഞ്ഞു ഞാന് ഈ ഈ നിന്ന് തന്നെ ുരുക്കളെ തിരഞ്ഞെടുത്തു വേറെ ഗുരുവാരും ഇല്ല ബ്രഹ്മനിഷ്ഠനായ ഗുരു ഉപദേശിക്കാനോ ഒന്നുമില്ല പക്ഷെ ഈ ഇരുപത്തിനാല് ഗുരുക്കളുമായിട്ട് ഞാൻ ചിന്തിച്ചു അവരെ നോക്കി ചിന്തിച്ചു ചിന്തിച്ചപ്പോ ഇവിടെ ദുഃഖിച്ചിട്ടൊരു വിശേഷമല്ല നേരെ മറിച്ച് ശാന്തമായി സന്തോഷമായി കഴിഞ്ഞാൽ കഴിയാൻ ഒരു പ്രയാസമില്ല അവർ കാണിച്ചു തരുന്നു ഇതാ ഞങ്ങളെ പോലെ കഴിയൂ ഭൂമി ഭൂമി തന്നെ ഒരു ഗുരുവാണ് ഇങ്ങനെ ഇരുപത്തിനാല് ഗുരുക്കന്മാരാണ് ആ ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെയും പേരും വിശദാംശങ്ങളും ഭാഗവതഹൃദയം നോക്കി മനസ്സിലാക്കുക ഭൂമി തന്നെ ഇരിക്കുന്നു ഭൂമി എന്തെല്ലാം കുഴപ്പങ്ങളാണ് മുഴുവൻ വെട്ടിപ്പൊളിച്ച് ആ ഭൂമിദേവിയെ എന്തെല്ലാം തരത്തിൽ മനുഷ്യൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു മറ്റ് പല തരത്തിലും പല ഉപദ്രവങ്ങളും വന്നു ചേരുന്നു എന്താ അസഹിഷ്ണുത ഒന്നും കാണിക്കുന്നില്ലല്ലോ ചിലർ ചോദിക്കാൻ കൂടെ കൂടെയൊക്കെ കൊലങ്ങുന്നതോ അത് ഉള്ളിലെ ദുഃഖം കൊണ്ടല്ല തൻ്റെ ശരീരം ജീർണിക്കുന്നു സ്വാഭാവികമായിട്ട് കുലുക്കം വരാതെന്ന് വരുത്തിയില്ലല്ലോ ഇപ്പൊ ഏത് ജീവൻ മുക്തനും അങ്ങോട്ട് ശരീരം ക്ഷീണിച്ച് വളരെ വയസ്സായാൽ ഉള്ളിൽ നല്ല സന്തോഷം ആ ശരീരം ജീർണിച്ച് നഷ്ടപ്പെടാതെ തരവില്ലല്ലോ അങ്ങനെ ജീരുന്നത് വരുമ്പോഴായിരിക്കണം ഈ കൂടെ കൂടെ കുലുക്കം പണ്ടത്തേക്കാൾ ഇപ്പൊ കുലുക്കം കൂടിയിരിക്കുക ഈ നമുക്ക് ശരീരത്തിന് വാസാതി രോഗങ്ങൾ വരുന്നത് പോലെ ഊറ്റിയെടുക്കുകയുള്ള ഭൂമിയുടെ സകല സമ്പത്തും ഊറ്റിയെടുത്ത് മനുഷ്യൻ ഉപയോഗിക്കുകയാണ് അവർക്കൊരു പരാതിയല്ല ഉള്ളത് ഇനി ഇനി എടുത്തു ഒരു പരാതി ഇല്ല ഭൂമിയുടെ ഒരു പര്യായം എന്താണെന്നോ ക്ഷമ ക്ഷമ ഒരു വഴക്കും ഉണ്ടാക്കുന്നില്ല പക്ഷെ ഈയിടെ ആയിട്ട് സ്വല്പ കൂടുതൽ കുലങ്ങുന്നുണ്ട് കുലങ്ങുന്നത് അവര് മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കാനല്ല നിവർത്തിയില്ല എന്റെ ശരീരത്തിന്റെ കഴിവൊക്കെ പോകുന്നു ആധുനിക ശാസ്ത്രം പോലും പറയുന്നു ഭൂമിയൊക്കെ തകർന്നുകൊണ്ടിരിക്കുക അത് വേണം തകരും ജലമാണോ ആരുടെ ജലമായാലും തകരും അപ്പൊ സാറേ അതൊക്കെ ശരി പക്ഷെ ഈ ഭൂമിക്ക് ജീവനുണ്ട് സാറേ ഭൂമിക്കല്ലാന്ന് ആർക്കാ ജീവൻ ഞാൻ ചോദിക്കണ്ട ഭൂമിക്ക് ജീവനില്ലെങ്കിൽ അതിൽ ജനിച്ചും മരിക്കുന്ന ചെടികളും മനുഷ്യരും മൃഗങ്ങളും ഇതിനൊക്കെ ജീവന വിടുന്നവരി കൃഷ്ണൻ തീർത്തു പറയുന്നു ഗാമാവശ്യ ചൂതാണി ധാരയാമ്യാഹനോജസ അർജുന ഞാനാണ് ഈ ഭൂമിക്കകത്ത് നല്ല ബോധസ്വരൂപമായി കടന്നു നിന്ന് ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും ധരിക്കുന്നത് ഞാനാണ് പതിനഞ്ചാം അധ്യായം വായിച്ചു നോക്കുക അവിടെയൊന്നും വേദാന്തിക്ക് ഒരു സംശയമില്ല അത്ഭുതകരമായ ജീവിതമാണ് ഭൂമി സൂര്യൻ ചന്ദ്രൻ ഇതൊക്കെ അതിനകത്ത് ബോധമില്ലെങ്കിൽ അവയ്ക്കൊന്നിനും ഇന്നത്തെ പോലെ പ്രവർത്തിക്കാനേ സാധ്യമല്ല ഉള്ളിൽ ബോധവും സങ്കൽപ്പവും ഇല്ലാത്ത ഒരു വസ്തുവും കർമ്മം ചെയ്യില്ല എന്നാണ് എക്സ്പെരിമെന്റലായിട്ട് വേദാന്തം തെളിയിക്കുന്നത് അങ്ങനെ ആരെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ബോധവും സങ്കൽപ്പവുമുള്ള ഒരു ജീവൻ ഇത്ര കാലത്തേക്ക് കർമ്മം ചെയ്യാൻ അതിനെ ഒരുക്കിവെച്ചാൽ നടക്കും ഇപ്പൊ ഒരു ക്ലോക്ക് അതിന്റെ സൂചി ചലിക്കുന്നില്ലേ സാർ അതിനകത്ത് ബോധവും ഉണ്ട് പക്ഷെ അത് ബോധവും സങ്കൽപ്പവും വ്യക്തമായിട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി ഇത്രനാൾ ചലിച്ചോ എന്ന് പറഞ്ഞ് അതിന്റെ സാമഗ്രികൾ ഒരുക്കി വെച്ചാലേ ചലിക്കൂ അല്ലായാൽ ഒരിക്കലും ചലിക്കില്ല എവിടെ കർമ്മം കാണുന്നുവോ ആധുനിക ശാസ്ത്രജ്ഞൻ ഈ നിയമം ഇത് ന്യൂട്ടന്റെ നിയമത്തിനേക്കാളൊക്കെ അത് ഗംഭീരം ശ്രീശങ്കരൻ ഭാഷ്യത്തിൽ പറയുന്ന നിയമമാണ് ഉപനിഷത്തുകളിൽ നിന്നും എടുത്തത് എവിടെ കർമ്മം കാണുന്നുവോ അതിന്റെ പിന്നിൽ സങ്കൽപ്പവും ആ സങ്കൽപ്പമുളവാക്കുന്ന സങ്കല്പത്തിനാധാരമായ ബോധവും ഉണ്ടെന്ന് തീർച്ചപ്പെടുത്തിക്കുള്ളൂ അതില്ലാത്ത അദ്ദേഹം അന്നത്തെ ഒരു എക്സ്പെരിമെന്റാണ് ഞാൻ പറയുന്നത് ഒരു വണ്ടി ചക്രം താഴോട്ട് അങ്ങോട്ട് കറങ്ങി പോകുന്നുണ്ടല്ലോ ആ വണ്ടി ചക്രത്തിനകത്ത് സങ്കല്പവും ബോധവുമില്ലല്ലോ അങ്ങനെ വരുവോ കിടക്കുന്ന ഒരു വണ്ടിച്ചക്രം താഴോട്ട് കറങ്ങിപ്പോ മറ്റുമില്ല ബോധവും സങ്കല്പവും ഉള്ള ഒരാൾ കുറച്ചു നേരം ചരിച്ചു എന്ന് പറഞ്ഞ് അതിനെ തള്ളിവിട്ടെങ്കിലേ അത് ചലിക്കൂ അപ്പൊ എവിടെയാണോ ഇത് പരിശോധിച്ചു നോക്കട്ടെ ആധുനിക ശാസ്ത്രം ഞാൻ പരിശോധിച്ചു നോക്കട്ടെ എവിടെയാണോ കർമ്മം കാണുന്നത് അവിടെ സങ്കല്പവും സങ്കൽപ്പം ഉളവാക്കുന്ന ബോധവും കർമ്മം ചെയ്യുന്ന വസ്തുവിനുള്ളിലോ ഇതാണ് നിയമം അല്ലെങ്കിൽ ആ വസ്തുവിന് പുറത്തോ ഉണ്ടായേ ആ കർമ്മം ആരംഭിക്കൂ നടക്കൂ ആരെങ്കിലും ഇത് തെറ്റെന്ന് തെളിയിക്കട്ടെ ഇത്രയും വ്യക്തമായി ഈ നിയമം ഒക്കെ ഇവിടെ ഉണ്ടായിട്ടും അതൊന്നും കാണുന്നില്ല കേൾക്കുന്നില്ല ഇതൊക്കെ ജടങ്ങളാണ് ഇത് മനസ്സിലാക്കിയാൽ സത്യം മനസ്സിലാക്കിയേ നിങ്ങൾ കർമ്മം കാണുന്നിടത്തൊക്കെ സങ്കല്പമുണ്ട് സങ്കൽപ്പം സൂക്ഷ്മകർമ്മമാണ് അതിനപ്പുറത്ത് നിശ്ചലവും ആനന്ദസ്വരൂപവുമായ ബോധവുണ്ട് ബോധത്തിന്റെ അധിഷ്ഠാനത്തിലല്ലാതെ സങ്കൽപ്പം സാധ്യമല്ല സങ്കല്പത്തിന്റെ വളർച്ചയായിട്ടല്ലാതെ ഒരു ജഡപ്രപഞ്ചവും സാധ്യമല്ല സങ്കല്പച്ചാൽ മനസ്സ് അപ്പൊ ബോധം പ്രാണ ബോധം അധിഷ്ഠാനം പരമനായ ശാസ്ത്രം ഇവിടെ കാണുന്ന സകല ചലനങ്ങൾക്കും അധിഷ്ഠാനം നിശ്ചലവും ആനന്ദസ്വരൂപവുമായ ബോധം അതിൽ ശക്തിസ്പന്ദനം പ്രാണൻ പ്രാണനെന്നാണ് ഉപനിഷത്ത് പറയുന്നത് പ്രാണൻ സ്പന്ദിക്കുന്നു അവിടം മുതൽ ജഡം ഈ പ്രാണസ്പന്ദനം അതിലുണ്ടാകാൻ പറ്റുമോ ഇതാണ് യുക്തിചിന്ത ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നു പക്ഷെ പ്രാണനുണ്ടാകാൻ പറ്റില്ല കാരണം നിശ്ചലവും ആനന്ദസ്വരൂപവുമായ ബോധം സർവത്ര നിറഞ്ഞു നിൽക്കുമ്പോൾ ചഞ്ചലമായ പ്രാണൻ അതിലെങ്ങനെയുണ്ടാവും പരസ്പരവിരുദ്ധം അവിടെ മുതൽ ഇത് മരി മരിചുകയാണെന്ന് ഓർമ്മിക്കുക പ്രാണൻ ഈ എനർജിയുടെ സ്പന്ദനം ഞാൻ അവളെടുത്തു പറയുന്നത് മോഡേൺ സയൻസിന്റെ ഭാഷയിൽ കൂടെ പറഞ്ഞില്ലെങ്കിൽ ആൾക്ക് പിടിയിട്ടില്ല വ്യക്തമായിട്ടും പ്രാണസ്പന്ദനമാണ് എന്നത് ഇവിടെ സ്പന്ദനം ഈ പ്രാണസ്പന്ദനം എവിടെ നടക്കുന്നു ഒരിടത്തും കണ്ടെത്താൻ സാധ്യമല്ല ബോധത്തിൽ ഇത് നടക്കാനും സാധ്യമല്ല ജനി ജനിച്ചു മരിക്കാത്ത സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ആനന്ദസ്വരൂപമായ ബോധത്തിൽ എങ്ങനെ സ്പന്ദനം ഉണ്ടായിട്ടില്ല പിന്നെ കാണുന്നതോ അതിൻ്റെ സ്വഭാവം മരുമരീചുക മരുഭൂമിയിൽ കാനൽ ജലം കാണിക്കുക എന്നുള്ളത് മരുവിന്റെ സ്വഭാവം അവിടെ മുതൽ നോക്കിക്കൊള്ളുക അപ്പൊ പ്രാണനെ യഥാർത്ഥത്തിൽ ജനിക്കാൻ സാധ്യമല്ല മായ ഇതിൻ്റെ പേരാണ് മായ കൃഷ്ണൻ ഇന്നലെ പറച്ചത് ഇവിടെ കാണുന്നതൊക്കെ വെറും മായാണ് പിന്നെ ഇങ്ങോട്ടുള്ളത് പറയാനില്ലോ ആ പ്രാണനാണ് പിന്നെ മനസ്സ് ജഡത്തിൻ്റെ ആദ്യ പ്രകടഭാവമാണ് പ്രാണൻ അതിൻ്റെ രണ്ടാം സ്റ്റേജും മനസ്സ് അത് കട്ടുപിടിക്കുന്നു വെള്ളം കട്ടുപിടിക്കുന്നത് പോലെ എനർജി കട്ടുപിടിക്കുന്നതാണ് മനസ്സ് കുറെ കൂടെ അത് കട്ടുപിടിക്കുന്നു വിശുദ്ധ ജഡം ഇതൊക്കെ റിവേഴ്സ് ചെയ്താലോ ഈ ജഡം മനസ്സിലൊക്കെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ് മനസ്സാണ് മേശയായിട്ട് കാണുന്നത് മനസ്സ് ആ മനസ്സ് ഈ ജഡം ജഡം മൃഗിയാൽ മനസ്സാവും മനസ്സൊരിയ പ്രാണനാവും അതാണ് ഈ ഏകാഗ്രത വരുമ്പോ പ്രാണെ പ്രസരമൊക്കെ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് അങ്ങനെയാണ് പ്രാണൻ ചലനം നിന്നാൽ ചലനത്തിനപ്പുറം ശുദ്ധ ബോധം നിശ്ചല ബോധം ആനന്ദഘനമായ ബോധം അത് ജനിച്ചതല്ല അത് ജീർണിക്കില്ല അത് മരിക്കുന്നില്ല അതീ ജഗത്തിൻ്റെ പരമ കാരണം അതൊക്കെ ഇരിക്കട്ടെ ഇതൊക്കെ ചിന്തിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ വായിച്ച് ചിന്തിച്ച് നോക്കുക ഇവിടെ നാല് മൂന്ന് ഉപനിഷത്തുകൾ ഉണ്ട് അതിൻ്റെ മുമ്പിൽ കൊടുത്തിട്ടുള്ള ഉപന്യാസം പ്രസ്ഥാനത്രയം ഭാരതീയ തത്വചിന്തയിൽ എന്ന് പറഞ്ഞൊരു ഉപന്യാസം കൊടുത്തിട്ടുള്ളൂ വായിച്ചു നോക്കുക അതൊക്കെ ഇരിക്കട്ടെ എന്തായാലും കൃഷ്ണൻ ഉദ്ധവരോട് പറഞ്ഞു ഇതാണ് ഏതു ഞങ്ങളുടെ പൂർവികനായ ഏതു ചക്രവർത്തി മനസ്സിനുള്ള സ്വസ്ഥതയുള്ള അവധൂനെ വിളിച്ചു ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ഇരുപത്തിനാല് ഗുരുക്കന്മാരെ ഞാൻ തന്നെ തിരഞ്ഞെടുത്തു അവരിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം ദുഃഖിച്ചതുകൊണ്ട് പ്രയോജനമില്ല ഈ ഇരുപത്തിനാല് ഗുരുക്കന്മാരിൽ എട്ടാമത്തെ ഒരു ഗുരുണ്ട് ബാക്കിയൊക്കെ എന്താ പഠിച്ചതെന്ന് നമുക്കിപ്പം അങ്ങോട്ട് വിശദീകരിക്കാൻ സമയമില്ല എട്ടാമത്തെ ഗുരു ഒരു മാടപ്രാവാണ് മാടപ്രാവ് ആളപ്പുറാവ് പെൺപ്രാവവും ആൺപ്രാവും നല്ല സന്തോഷമായിട്ട് ജീവിച്ചു കല്യാണമൊക്കെ കഴിഞ്ഞൊരു കൂട് കെട്ടി അവർ നല്ല സുഖമായി ജീവിച്ചു രണ്ടുപേരും അതിരറ്റ സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്ന് ജീവിച്ചു അവർ രണ്ടല്ല ഒന്ന് ഇരിപ്പും നടപ്പും കിടപ്പും ഭക്ഷണവും ഒക്കെ ഒന്നും അത്ര സ്നേഹാർദ്രമായി ജനിച്ചു പെൺ പ്രാവ ഗർഭം ധരിച്ചു നാലഞ്ച് മുട്ടയിട്ടു അങ്ങനെ അഞ്ചു കുഞ്ഞുങ്ങൾ കുഞ്ഞു കുട്ടിപ്രാവുകൾ ജനിച്ചു ആ അഞ്ചു കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോ അവരുടെ ആനന്ദത്തിന് ഒരു അതിരില്ല ആ കുഞ്ഞുങ്ങളെല്ലാം അളിച്ചു അവർക്ക് ഭക്ഷണം കൊടുത്തു അവരുടെ കളകൂജനങ്ങൾ കേട്ടവർ ആനന്ദ മഗ്നരായി അവരുമായിട്ട് തന്നെ ഒരുമിച്ച് നടന്നു അവരെ കളിപ്പിച്ചു അങ്ങനെ സന്തുഷ്ടരായി ജീവിതം നയിച്ചു ഒരു ദിവസം ഈ അച്ഛനും അമ്മയും മക്കൾക്ക് ആഹാരം അന്വേഷിച്ച് അല്പദൂരെ സ്ഥലത്ത് പോയി അവരാഹാരം അന്വേഷിച്ച് ദൂരെ പോയിരിക്കുകയാണ് വന്നു ഒരു വേടൻ വേടൻ നോക്കണേ എന്ത് സന്തോഷമായിട്ട് അവർ ജീവിച്ചതാണ് ഒരു വീടിൽ വന്ന് വല വീശി അഞ്ചു കുഞ്ഞുങ്ങളും വലയ്ക്കകത്തായി കിടന്ന് പെടയിരണം അഞ്ചു കുഞ്ഞുങ്ങളും കിടന്ന് പെടയുന്നു ഭക്ഷണവും ശേഖരിച്ചുകൊണ്ട് ആലോചിച്ചു നോക്കണം ഇതൊരു കുടുംബത്തിലാണെങ്കിൽ എന്താ സ്ഥിതിയും ആലോചിച്ചു നോക്കണം ഭക്ഷണവും അച്ഛനും അമ്മയും തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ എന്താ കണ്ട കാഴ്ച അഞ്ചു കുഞ്ഞുങ്ങളും വലയ്ക്കകത്ത് കിടന്ന് പെടയുകയാണ് ഇത് അത്യന്ത സാധാരണമായ കാര്യം ആദ്യം അമ്മ അമ്മയ്ക്കാണെന്നുള്ളതോ ഈ ദുഃഖം കൂടുതൽ അമ്മ നില വിളിച്ചു കരഞ്ഞു കരഞ്ഞിട്ടെന്ത് ചെയ്തു ഇനി ഞാൻ ജീവിക്കില്ല അത്യന്ത സുഖമായിട്ട് കഴിഞ്ഞ് പോയവരാണ് ഇനി ഞാൻ ഒരു നിമിഷം ജീവിക്കില്ല ആ വലയിൽ സ്വയം ചെന്ന് വീണു കൊടുത്തു സ്വയം ചെന്ന് വീണു കുട്ടികൾ ഒപ്പം ആ വലയ്ക്കിടന്ന് അമ്മയും പെടഞ്ഞു അപ്പോഴേക്കും അച്ഛൻ പുറത്തുനിന്ന് ഇനിയിപ്പം ഞാനെന്തിനാണ് ജീവിക്കുന്നത് ഞാനെന്തിനാണ് ജീവിക്കുന്നത് എൻ്റെ പ്രിയതമാ അതാ എൻ്റെ കുട്ടികൾ പിടയുന്നു അത് ഇനി ഞാൻ ജീവിക്കില്ല എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല അച്ഛനും ആ വലയിൽ ചെന്ന് വീണു അച്ഛനെയും കിട്ടിയപ്പോഴും അത്യന്തം സന്തുഷ്ടനായി വേടൻ വലയും കൊണ്ട് യാത്രയുമായി അയാൾക്ക് പരുവാനന്ദം അഞ്ചും അച്ഛനും അമ്മ എല്ലാവരെയും കിട്ടിയല്ലോ അവധൂതൻ കഥ പറഞ്ഞിട്ട് പറയുകയാണ് ഇതല്ലേ ലോകഗത്തി പല സന്തോഷമായിട്ട് ജീവിക്കുന്ന കുടുംബം ആയിക്കോട്ടെ അതൊക്കെ ഭൗതിക അതായാലൊക്കെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല വേടൻ വരുന്നു വേടൻ ആരാ മൃത്യുവും പല തരത്തിലും ഇനി ആധിഭൗതികം നമ്മൾ പറഞ്ഞല്ലോ എത്ര എത്ര ഈ നമുക്ക് ഇടയ്ക്ക് വേമ്പനാട്ടിലായല്ലോ മറ്റൊരു ബോട്ട് എവിടെ ഉണ്ടായല്ലോ അതിലുണ്ടായിരുന്ന കൂടുതൽ പേരും പി എസ് സി പരീക്ഷയില്ലാൻ പോയ കുട്ടികളും അമ്മമാരുമാണ് അമ്മമാരും അപ്പൊ ഗഡൻ വരില്ല എന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല എത്രയോ പേര് അങ്ങ് മരിച്ചു രക്ഷാപ്രവർത്തനമൊക്കെ നടന്നു അതൊക്കെ അങ്ങ് പോയി ഇപ്പൊ അതൊന്നുമില്ല എന്താ സംഭവിച്ചത് അതല്ലേ ഇപ്പൊ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അല്ല ഇതൊക്കെ ഇപ്പൊ സംഭവിക്കാതെ പറ്റുമോ സാർ ഒരിക്കലും പറ്റില്ല ീ ജലപ്രപഞ്ചം ഇവിടെ ഉണ്ടോ ഈ കഴിഞ്ഞ മൂന്നു നാല് ദിവസമാണ് ബംഗ്ലാദേശിൽ ഇതുപോലൊരു ബോട്ട് മുങ്ങി നാം നമ്മൾ അറിയുന്ന അറുന്നൂറ് പേർ അപ്പത്തോ അറുന്നൂറ് പേർ ആരൊക്കെയാണ് അച്ഛനും ചിലപ്പോ അച്ഛനും അമ്മയും വീട്ടിലായിരിക്കും കുഞ്ഞുങ്ങളും ഒക്കെ ആയിരിക്കും പോയത് ഇതൊരു കഷ്ടമല്ലേ സാർ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ എന്താ ചെയ്യുക കഷ്ടമാണ് കരയാം നമുക്കറിയാം കരഞ്ഞാൽ മുങ്ങി തോട്ട് തിരിച്ചു വരുമോ മരിച്ച ആളുകൾ ജീവിക്കുമോ അല്ല എന്തിലും കരയാതെ പറ്റുമോ സാർ പറ്റില്ലെങ്കിൽ കരയുക വേറെ എന്താ ചെയ്യുക കരയാതെ പറ്റും ഈ ജീവിതം ഇതൊരു മായാണ് ഇതൊരു നേരം പോക്കാണ് ഇതൊക്കെ സംഭവിച്ചേ പറ്റൂ ഇതൊന്നും മാറ്റാനൊന്നും അങ്ങനെ ആർക്കും സാധ്യമല്ല എത്ര എത്ര പകടങ്ങൾ ട്രെയിൻ അപകടങ്ങൾ ഇതൊക്കെ വന്നു കഴിഞ്ഞു എൻക്വയറി നടത്തി എന്താ വീണ്ടും വരാതിരിക്കുന്നുണ്ടോ കൂടുതൽ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു വരണ്ടാന്നോ എൻക്വയറി നടത്തേണ്ടന്നോ ഒന്നുമില്ല നമ്മൾ പറയുന്നത് ഈ പ്രപഞ്ച ഇങ്ങനെ ഒക്കെ തന്നെ നടന്നുകൊണ്ട് പോവും നടന്നുകൊണ്ട് പോവും നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യാം എൻക്വയറി നടത്തിയോ ഒക്കെ ചെയ്യാം പക്ഷെ ഇതുകൊണ്ടൊന്നും ഇതിനൊന്നും ശമനം വരാൻ പോകുന്നില്ല പിന്നെ ദുഃഖിക്കാതിരിക്കൂ അതുകൊണ്ട് അതുകൊണ്ട് നല്ല ധീരതയുണ്ടെങ്കിൽ സാധിക്കും കാരണം ഇതൊക്കെ നടന്നേ പറ്റൂ നിങ്ങൾ ദുഃഖിച്ചിട്ട് നിങ്ങൾ ദുഃഖിച്ചാൽ നിങ്ങളും കൂടെ അതിവേഗം രോഗങ്ങൾക്കും ഒക്കെ വശപ്പെട്ട് ദുഃഖം കൂടും മരണം വേഗം വരും ഗീതയുടെ ഉപക്രമവും ഉപസംഹാരവും മാശിച്ച ദുഃഖിക്കാതി ദുഃഖം ഒഴിവാക്കൂ ദുഃഖം കൊണ്ട് പ്രയോജനമില്ല ഇതാണ് അദ്ദേഹം ഇത്രയും പറയുന്നത് പ്രത്യക്ഷവും അനുമാനവും കൊണ്ട് സാധിക്കൂ ഇത് അവധൂതൻ പറയുന്നു ഞാൻ ഇത് കണ്ടു ഇങ്ങനെ ഒരു പ്രാവിന്റെ ജീവിതം ഞാൻ കണ്ടു അലയോ ചക്രവർത്തി മഹാരാജാവെ ാജാവെ എന്താ ഇവിടെ ദുഃഖിച്ചിട്ട് ഫലമുണ്ടോ ഏഴം കുടുംബി അശാന്താത്മാന്തു ആരാമ പദത്രിവത് ഉഷ്ണൻ കുടുംബം ഭഗവത് സാനുബന്ധവോ അവസീതീ ഇതല്ലേ ഇതിനേക്കാളൊരു തത്വം വരെ എന്തുണ്ട് ഏഴം കുടുംബി അശാന്താത്മാ അശാന്താത്മാവായ കുടുംബി ഗൃഹസ്ഥൻ ഗൃഹസ്ഥനാവേണ്ടെന്നോ കല്യാണം കഴിക്കേണ്ടെന്നോ കുഞ്ഞുങ്ങൾ വേണ്ടെന്നോ ഒന്നും ഇതുകൊണ്ട് ധരിച്ചേക്കരുത് ധീരമായി ചെയ്യാനുള്ളത് ചെയ്തപ്പോ മറ്റുള്ളവർക്കും കൂടെ ആശ്വാസം കൊടുക്കൂ ഏഴും കുടുംബി അശാന്താത്മാ അശാന്താത്മാ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ഭരിക്കണം അവരെ സ്കൂളിലയക്കണം അവർക്ക് ഭക്ഷണം അന്വേഷിക്കണം ഓഫീസിൽ പോകണം ഓഫീസിലെ രാഗദ്വേഷങ്ങളിൽപ്പെട്ട് ആകെ കുഴയണം ഒക്കെ കുറഞ്ഞുള്ളൂ പക്ഷെ ദുഃഖിക്കാതിരിക്കൂ ഏകം കുടുംബി അശാന്താത്മാ എന്തുകൊണ്ടാ ദയാമ രണ്ട് സത്യമാണെന്ന് കരുത്തി അതിൽ രമിക്കുന്നു ഇവിടെ രണ്ടില്ല അണു പോലും രണ്ടില്ല മനസ്സെയ്തമാക്കുകയും നേഹ നാനാസ്തിക്കിഞ്ചെന്ന ലേശം പോലും ഇവിടെ പലതില്ല നല്ലവണ്ണം അത് ധരിക്കൂ ധരിച്ചാൽ ദുഃഖിക്കുന്നില്ല ഇത്രയുള്ളത് ഈ ധരിക്കുന്നതിന് എന്താവശ്യം ദുഃഖിക്കുന്നില്ല ദുഃഖം പോലോ ബ്രഹ്മാനുഭവം ഇതാണ് ബ്രഹ്മാനുഭവം ദുഃഖ സംയോഗിയോഗം അവധൂതൻ പറയുന്നു ഏവം കുടുംബശാന്താത്മാ ദ്വാരാ രണ്ടിൽ രമിക്കുന്നു ഒന്നീവുള്ള ഉറപ്പുവരുത്തും ദ്വന്ദ്വാരാമ പതത്രിവത് ഈ പ്രാവിനെ പോലെ പുഷ്ണൻ കുടുംബം വളരെ പ്രയത്നം ചെയ്ത് കഷ്ടപ്പെട്ട നേരം വെളുത്താൽ ഇരുട്ടുന്നതുവരെ പ്രയത്നിച്ച് കുടുംബം പോഷിപ്പിക്കുകയാണ് ഒടുവിലോ മത കും പുഷ്ണൻ കുടുംബം ഖഗവം ഈ പക്ഷിയെപ്പോലെ സാനുബന്ധോവസീതത്തി തന്റെ കൂടെ ഉള്ളവരെയും ചേർത്ത പരമ ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കുന്നു പത്രം നോക്കിയാൽ എവിടെയും അതേ കാണാനുള്ളൂ അത് നടക്കും അത് നടന്നുവിടുന്നു എന്നൊന്നുമല്ല പക്ഷേ ഇത് ഇതിൻ്റെ മധ്യത്തിലും ിച്ചും മറ്റുള്ളവരെ സുഖിപ്പിച്ചും കഴിയാൻ നമുക്ക് വല്ല മാർഗമുണ്ട് ഒറ്റ മാർഗമേ ഉള്ളൂ ഈ നിലനിൽപ്പിന്റെ സത്യമറിയൂ ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ ഇതാണ് അവധൂതനം പറയുന്നത് ഇവിടെ രണ്ട് വസ്തു ഇല്ല രണ്ട് കാണുന്നത് മുഴുവൻ ഭ്രമം ഭ്രമം സത്യമെന്ന് കരുതിയാൽ നിശ്ചയമായും ദുഃഖം യാതൊരു സംശയമില്ല ദുഃഖം ഒഴിവാക്കണമോ ഇത് ഭ്രമമാണെന്നറിഞ്ഞ് ഒന്നേ ഉള്ളൂ എന്നുറപ്പുവരുത്തി സന്തോഷത്തോടുകൂടി മറ്റുള്ളവർക്കും അക്കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ജീവിതം ധന്യമാക്കൂ അതല്ലാതെ ഏറെ മാർഗമില്ല ദേവം കുടുംബ അശാന്താത്മ അവ വാക്കും ഓർമ്മിക്കണം ദ്വന്തു ആരാമപദത്രിവത് കൃഷ്ണൻ കുടുംബം ഖഗവത് സാനുബന്ധോ അവസീകത്തി സാനുബന്ധോ കൂടെയുള്ളവരെയും ചേർത്ത് പരമദുരിതത്തിൽ ചെന്ന് അവസാനിക്കുന്നു യപ്രാപ്യമാനുഷം ലോകം വീണ്ടും പറയുന്നു കഷ്ടം മനുഷ്യ ശരീരം എടുത്തിവിടെ വരാൻ സാധിച്ചു എപ്രാപ്യമാനുഷം ലോകം മുക്തിദ്വാരപാകൃതം മൃഗ ജീവിതത്തിനും മറ്റും ഇത് പറ്റില്ല മനുഷ്യജന്മം കിട്ടിയ കിട്ടിയത് മോക്ഷകവാടം തുറന്നിട്ടിരിക്കുകയാണ് എന്താ അല്പം ചിന്തിക്കൂ അനിത്യം അസുഖം ലോകം കൃഷ്ണൻ ഗീതയിൽ പറയുന്നതാണ് അർജുന നീ ഇപ്പൊ ഈ ഇവിടെ കൊല്ലും അവരെ കൊല്ലും ഇവിടെ ദുഃഖിച്ചിട്ട് കാര്യമില്ലട ഈ ലോകം അനിത്യം അതുകൊണ്ട് തന്നെ അസുഖം അനിത്യം അസുഖം ലോകം അതൊരിക്കട്ടെ ഇവിടുന്ന് ഓടികളെയും മറ്റും വേണ്ട അനിത്യമസുഖം ലോക്യമം ലോകമിമം പ്രാപ്യഭജസ്വമ ഈ അനിത്യവും അസുഖവുമായ ലോകത്തിന്റെ പിന്നിൽ നിത്യവും ആനന്ദസ്വരൂപവുമായ ഒരു വസ്തുണ്ട് ആ വസ്തു നീ തന്നെയാണ് ഞാൻ ആ വസ്തു നിന്റെ ഉള്ളിൽ പ്രത്യക്ഷമായി സദാ അനുഭവി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ ഞാൻ ഞാനെന്ന ആ ബോധം ഉണ്മ അതിനെ മറമാറ്റി കളങ്കം മാറ്റി ഒന്ന് വ്യക്തമായി അനുഭവിക്കൂ അനുഭവിക്കുമ്പോ അത് ലോകമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ആനന്ദശരൂതം നിത്യ സർവഗത സ്ഥാണുരോയം സനാതന അങ്ങനെയുള്ള വസ്തു അതൊന്ന് ചെയ്യാൻ മടി മടിച്ചെന്തൊക്കെയോ ചെയ്യുന്നു ഈശ്വരനെ അന്വേഷിച്ചെന്നും പറഞ്ഞ് നേരെ വലിത്തിരുട്ടുന്നതുവരെ എന്തൊക്കെയോ ചെയ്യുന്നു കാര്യമായ ഫലമൊന്നും ഉണ്ടാവുന്നുമില്ല അർജുന അനിത്യം അസുഖം ഇമം പ്രാപ്യ ഭജസ്വം അങ്ങനെ മുക്തിദ്വാരപാവൃത്തം ഈ മനുഷ്യജന്മം ഇത്രയുമൊക്കെ ചിന്തിച്ച് യപ്രാപ്യ മാനുഷം മുക്തിദ് അപാവൃത്തം ഗൃഹേഷുഖക ഈ ഗൃഹങ്ങൾ ഈ ഗൃഹമൊന്നും വേണ്ടെന്നല്ല കുടുംബം വേണ്ടെന്നല്ലേ പക്ഷെ ഈ പക്ഷികളെ പക്ഷികളെ പോലെ അതിലിങ്ങനെ വിടാൻ വയ്യാത്ത സംഘം ഞാൻ എന്റേത് എന്റെ കുഞ്ഞുങ്ങൾ ഓരോരുത്തർ വന്നിരുന്ന് ആ കുഞ്ഞുങ്ങളുടെയും ഭാര്യയുടെയും മക്കളുടെയും അവരെ കുറ്റം അവരങ്ങേ അറ്റം പക്ഷെ സ്നേഹമല്ല അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നില്ല ഏത് നിമിഷവും ഇവിടെയൊക്കെയാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത് നമ്മൾക്ക് വായിക്കും ശ്രദ്ധയില്ല മലിനീതിളകു ത ജലം അതിത്തരളം തദ്ജ്ജീവിതമതിശയച്ചപ്പലം വിധിവ്യാധ്യാഭിമാനഗ്രസ്തം ലോകം ശോകഹതം ചമസ്തം ഇതിനേക്കാൾ ഒരു സത്യം പറയാനില്ല നളിനീതളകത്തെ ജലമതിത്തരളം താമരയിലേ പറ്റിയിരിക്കുന്ന വെള്ളത്തുള്ളി എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുക ഏത് നിമിഷമാണത് താഴെ പോകുന്നതെന്ന് നിശ്ചയമില്ല അതല്ലേ വസ്തുത നളിനീതളകത്തെ ജലമതി തരളം തദ്വജീവിതമാതിശയച്ചപ്പലം നമ്മുടെ ജീവിതമൊക്കെ അതിശയച്ചപ്പലം അവിടെ ഇത്രയും കുറച്ച് ജീവിതമുണ്ട് ആ കുറച്ച് ജീവിതമെങ്കിലും ഒന്ന് സുഖിക്കാൻ പറ്റുമോ വിധി വ്യാധ്യഭിമാനഗ്രസ്തം ഇന്ന് നോക്കിയാൽ ആചാര്യസ്വാമികളുടെ ആ രണ്ട് കാര്യവും വ്യാധ്യഭിമാനഗ്രസ്തം എന്നറിയോ വ്യാധി ആധ്യാത്മിക ദുഃഖം പലതരം രോഗങ്ങൾ മരുന്നില്ലാത്ത രോഗങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രോഗങ്ങൾ എത്ര എത്രയാണ് ഇന്നത്തെ തന്നെ റേഡിയോ ന്യൂസ് ഞാൻ ചിലപ്പോ കേൾക്കാറുണ്ട് ഈ ഭഗവാന്റെ കളി എങ്ങനെയാണ് കേരളത്തിലെ ആശുപത്രികളെല്ലാം ഡെങ്കിപ്പനി എലിപ്പനി പിന്നെ വേറെ എന്തോ പനി കൊണ്ട് നിറയുന്ന ഒന്നാണ് നിറഞ്ഞിരിക്കുന്ന ഈ വാക്കാണ് ഉപകരിച്ചിരിക്കുന്നത് കേരളത്തിലെ ആശുപത്രികൾ ഇത്തരം പനി അതോ ധാരാളം പേര് മരിക്കുന്നു ഇതൊന്നും പാടില്ലെന്നോ ഒന്നും കുറ്റം പറയുന്നില്ല ഇതൊക്കെ ഇതൊക്കെയാണ് ജീവിതം ഇതൊക്കെയാണ് അതുകൊണ്ട് വേണ്ടതൊക്കെ ചെയ്യൂ പനി വന്ന ഓടൽ കഴിയുമെങ്കിൽ ഡോക്ടറെ കാണും കുഞ്ഞുങ്ങളെ ചികിത്സിപ്പിക്കൂ പക്ഷേ ഒന്നേ ഉള്ളൂ കരയരുത് കരയരുത് ഇരട്ടകളായിട്ട് ഒട്ടിച്ചേർന്ന് ജനിക്കുന്നെങ്കിൽ ഓപ്പറേഷൻ ചെയ്തോളൂ പിന്നെ കരയരുത് ഇപ്പൊ ഓപ്പറേഷൻ ചെയ്ത് അതൊക്കെ ഇപ്പൊ ശരിപ്പെടുത്തി കളാം എന്ന് പറഞ്ഞു ആ കുട്ടികളൊക്കെ മരിച്ചു ഇരുപത്തൊൻപത് ഇതൊക്കെ അത്ഭുതമല്ല അതെന്താ ഇരുപത്തൊൻപത് വയസ്സ് വരെ ഒട്ടിച്ചേർന്ന് രണ്ടു കുട്ടികൾ ജീവിച്ചു ഇരുപത്തൊൻപത് വയസ്സ് ഇപ്പൊ നിവൃത്തിയില്ല കുറേ കൂടെ അങ്ങനെ ജീവിച്ച പോരെയായിരുന്നോ എന്നാണ് ഇപ്പൊ പലരും ചോദിക്കുന്നത് അത് ഓപ്പറേറ്റ് ചെയ്തു അത് സാരമില്ല ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യണം പക്ഷെ ദുഃഖിക്കരുത് മരിച്ചു ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും ഒന്നും പേടിക്കാനില്ല ഇവിടെ ഒന്നും അങ്ങനെ ഈ ഈ ജീവിതം ഗൃഹസ്ഥൻ മോക്ഷദ്വാരം അങ്ങനെ തുറന്നിട്ട മോക്ഷദ്വാരത്തോടുകൂടി മനുഷ്യജന്മം കിട്ടുന്നു ആ മനുഷ്യജന്മത്തെ ഗൃഹേഷു ഖഗവത്സത്ത ഈ പ്രാവിനെപ്പോലെ വീട്ടുകാര്യങ്ങളിൽ കയറി ഒട്ടിപ്പിടിക്കരുത് ഉള്ളുണ്ട് പുറമെ ഗംഭീരമായിട്ട് എന്ത് വേണോ മരണം കൊണ്ടുപോലും രക്ഷിക്കാൻ കഴിയുമെങ്കിൽ രക്ഷിക്കൂ നമ്മുടെ നമ്മൾ മരിച്ചാൽ അവർ രക്ഷിക്കുമെങ്കിൽ അവർ നമുക്ക് രക്ഷിക്കാം പക്ഷെ അവിടെ നിന്ന് കരയാതെ അത് ചെയ്യൂ ധീരത ഉണ്ടെങ്കിലേ അത് പറ്റൂ അല്ലെങ്കിൽ പറ്റൂല്ല ഈ ഖകത്തിനെ പോലെ ഗൃഹങ്ങളിൽ ബദ്ധനായാൽ സാനുബന്ധോ അങ്ങനെ ബന്ധനായാൽ തം ആരൂഢിത്തം അവൻ ആ സത്യത്തിന്റെ അടുക്കൽ വരെ എത്തിയിട്ട് താഴോട്ടു ചടപെടാന്ന് പതിക്കുകയാണ് അവിടെ എത്തിച്ചാൽ മനുഷ്യജന്മം കിട്ടി അല്പമാലോചിച്ചാൽ പ്രത്യക്ഷ അനുമാനാവികൾ കൊണ്ടൊക്കെ ദുഃഖം അകറ്റി നല്ല ബ്രഹ്മം ബ്രഹ്മനിഷ്ഠനായിരുന്നു കൊണ്ട് അവന് കുടുംബം പുലർത്താം സമൂഹത്തിൽ നോക്കാം ഒക്കെ ചെയ്യാം പക്ഷെ അവിടെ കയറിയിട്ട് അവൻ വിടിവിടായി ഈ കുട്ടികളുടെ തല ഒരുമിച്ചിരുന്നത് പോലും വേർപെടുത്താൻ വയ്യാത്ത ബന്ധം വണ്ണം കുടുംബവുമായി ഈ പക്ഷികളെ പോലെ പൊട്ടിപ്പിടിക്കുകയാണ് ഒരു വിശേഷമില്ല ജഡബന്ധങ്ങൾ ഒരിക്കലും ഉറപ്പിക്കരുത് അവിടെയൊക്കെ ഈശ്വരനെ കണ്ട് നിസ്സംഗനാവുക ആ കൃഷ്ണൻ പറയുന്ന ഈ പ്രപഞ്ചത്തെ അസംഘശസ്ത്രേണദൃഷേനച്ഛിത്വ അസംഘശസ്ത്രം കൊണ്ട് മുറിച്ച് മാറ്റിയിട്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി അസന്ധശസ്ത്രം കൊണ്ട് മുറിച്ചു മാറ്റുന്നത് ഉള്ളുണ്ട് പുറമുള്ളല്ല പുറത്ത് അങ്ങനെ ഒരു നാടകം എന്നതിൽ ജനകനും ഋഷഭചക്രവർത്തിയും ഒക്കെ ജീവിച്ചതുപോലെ ഗംഭീരമായി ജീവിക്കുക എന്തായാലും ഈ കഥ വളരെയധികം നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നതൊന്നായതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞു ബാക്കി ഗുരുക്കന്മാരുടെ കാര്യമൊക്കെ നോക്കിക്കൊള്ളുക എന്നിട്ട് ഈ ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെ കാര്യവും പറഞ്ഞിട്ട് അവധൂരം ചെയ്യുന്നു അല്ലോ യതുചക്ര മഹാരാജും അതു മഹാരാജാവേ എൻ്റെ ദേഹവും എനിക്ക് ഗുരുവാണ് ഈ നമ്മുടെ സ്വന്തം ദേഹത്തെ തന്നെ ഒന്ന് ആലോചിച്ചു ഈ ദേഹത്തെ ഞാനായി ഞാനാണ് ഞാനാണ് ഞാൻ ഇന്ന വംശത്തിൽ ജനിച്ചവൻ രാമായണ വാരമൊക്കെ വരാൻ പോവുകയാണ് നാളെ മറ്റന്നാളോ ഒക്കെ രാമായണവാരം തുടങ്ങുകയാണ് ആ എഴുത്തച്ഛൻ തലയിൽ കൈവെച്ചു വിളിക്കുന്നു ശരീരത്തെ ആസ്പദമാക്കി നിങ്ങൾ അഭിമാനം പുലർത്തരുത് ഒക്കെ വായിക്കും പിന്നെയും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഠ്യോഹം ഇത്യാമ്പ്രേഡി ചം കലർന്നിടുന്ന ശാന്തരെ നല്ല ഭംഗിയായിട്ട് എഴുത്തച്ഛൻ അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ബ്രാഹ്മണനാണ് നരേന്ദ്രോഹം ഞാൻ ചക്രവർത്തിയാണ് പത്രമെടുത്ത് വായിച്ചു നോക്കുക ഈ ചക്രവർത്തിമാരുടെയും ബ്രാഹ്മണരുടെയും ഒക്കെ സ്ഥിതി ഞാൻ ബ്രാഹ്മണനാണ് ചക്രവർത്തിയാണ് ആഠ്യോഹം ഞാൻ ആഠ്യനാണ് ഇത്യാമ്പ്രേഡിതൻ കലർന്നിയിടുന്ന ശാന്തരെ എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞ അഭിമാനം വളർത്തി വളർത്തി ജീവിക്കുക അങ്ങനെ ഇരിക്കുകയെ എന്ത് സംഭവിക്കും ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകുക ആ ശരീരത്തെ ആസ്പദമാക്കിയാണ് ആ ശരീരത്തെ ജന്തുക്കൾ ഭക്ഷിക്കുക മാത്രമല്ല കാഷ്ടിച്ചു കളയുക ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് പോയാൽ പോലെ മാത്രം പോലെ ദുഃഖം തീർക്കണം ഈ പറയുന്നതിനൊക്കെ അർത്ഥം എത്രയുള്ളൂ ശരീരത്തെയൊക്കെ കുറിച്ച് ചിന്തിച്ച് സൂക്കോട് വരുമ്പോ പിഴഞ്ഞ് കരഞ്ഞ് േതം കലും വ ശാന്തരെ ജന്തുക്കെ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടില്ല ഇത്രയുള്ള ശരീരം മണ്ണിനുകായി പോകില്ല എന്താ ഇതൊക്കെ വസ്തുതയല്ലേ ഇതൊക്കെ ഇതൊക്കെ മനസ്സിലാക്കി നിസ്സംഗത്ത് ഉറപ്പിക്കണം അതിനാണ് ഈ ശരീരം ഉൾപ്പെടെ ഉള്ളതിൽ സംഘപ്പെട്ട് ചെയ്ത് പോകാൻ പാടില്ല എനിക്ക് വേണം ഞാനിതിനെ പുഷ്ടിപ്പിച്ച് പുഷ്ടിപ്പിക്കാനുള്ളതൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ ഒന്നുമില്ല വെറും നാമരൂപം ഈശ്വരൻ മാത്രമേ സത്യമായുള്ളൂ അതുകൊണ്ട് എന്ത് വെണ്ണീളായി ചമഞ്ഞു പോയിടില്ല മണ്ണിനു കീഴായി കൃമികളായി പോകില്ല ആചാര്യൻ നമ്മോട് എന്ത് പറയുന്നു അതുകൊണ്ട് നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ജന ജീവിക്കും ഞാൻ മറ്റുള്ളവരെയൊക്കെ രക്ഷിക്കും ഭാഗവും ചോദിക്കുന്ന കഷ്ടം മനുഷ്യൻ ഇത്ര മഠയനായിപ്പോയല്ലോ കാലകർമ്മ ഗുണാധീനോ ദേഹോയം പാഞ്ചഭൗതികാലകർമ്മ ഗുണങ്ങൾക്ക് അധീനം കാലം ചെല്ലുന്തോറും ദ്രവിക്കുകയാണ് ജരാനരകൾ വന്ന് ദ്രവിക്കുന്നു ദേഹോയം പാഞ്ചഭൗതിക കഥ അന്യാംസ്തുഗോപായ ഈ ശരീരം മറ്റുള്ളവരെ രക്ഷിക്കാൻ എങ്ങനെ കരുത്തുള്ളതായി തീരും എന്റെ കുടുംബത്തെ ഞാൻ രക്ഷിക്കും അങ്ങനെയൊന്നും വേണ്ട ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക ബാക്കി ഭഗവാൻ വിട്ടേക്കുക ഒക്കെ മായ ഭഗവാൻ നോക്കട്ടെ ഉള്ളുകൊണ്ട് ധീരമായി ഭഗവാന് വിട്ടേക്കുക കാലകർമ്മ ഗുണാധീനോ ദേഹോയം പാഞ്ചഭവതിക കഥം അന്യാംസ്തു ഗോപായ മറ്റുള്ളവരെ എങ്ങനെ രക്ഷിക്കും സർപ്പഗ്രസ്തോ യഥാപരം പാമ്പ് വഴിയേറ്റ് വിഷം മൂർച്ഛിച്ച് കിടക്കുകയാണ് അവൻ മറ്റുള്ളവരെ രക്ഷിക്കാൻ പോയാൽ സാധിക്കുമോ എഴുത്തച്ഛനി ഇതും ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ആചാര്യൻ മോശക്കാരനൊന്നുമല്ല ചക്ഷുശ്രവണകളസ്തമർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹീനാപരിഗ്രസ്തമേഹവും ആലോല ചേതസഭോഗങ്ങൾ തേടുന്നു ചക്ഷുശ്രവണകളസ്തമ അന്തർ ദുരം ഒരു പേർ പെരുമ്പാമ്പ് ഒരു തവള പിടിച്ചു തവള പെരുമ്പാമ്പിന്റെ വായ്ക്കകത്തിരിക്കുകയാണ് വായ്ക്കകത്തിരിക്കുന്ന തവള അരിയലുപ്പ് കൂടെ പോകുന്ന പൂച്ചകളെ പിടിച്ചു തിന്നാൻ ആഗ്രഹിക്കുകയാണ് ഇതാണ് മനുഷ്യന്റെ ഗതി കാലഗതിയിലവൻ ദിവസം പ്രതി മരണത്താൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഒന്നും സുഖം അനുഭവിക്കേണ്ട എന്നല്ല അറിഞ്ഞുകൊണ്ട് സുഖം അനുഭവിക്കൂ പക്ഷേ മറ്റാരെ ദ്രോഹിച്ചും എനിക്ക് സുഖിക്കണം അതാണ് ഇവനിങ്ങനെ വിഴുങ്ങി വിഴുങ്ങി പോവുകയാണോ മറ്റാരെ ദ്രോഹിച്ചും എനിക്ക് സുഖിക്കണം ഈ ചിന്ത വന്നാലോ അങ്ങനെ അതിർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാഹിനാപരിഗ്രസ്തമം ലോകവും കാലനിങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ലോകവും ആലോലചേതസ മനസ്സിനൊരു സ്ഥിരതയുമില്ലാതെ കിടപ്പിലാവുമ്പോഴാണ് സുഖാനുഭവങ്ങൾക്കു വേണ്ടിയുള്ള വാഞ്ച അതിരില്ലാതെ വർദ്ധിക്കുന്നത് എന്ത് ചെയ്യും ആലോലചേത സഹഭോഗങ്ങൾ തേടുന്നു എന്നിട്ട് വന്യസന്ദ ലോഹസ്ഥാമ്പു ബിന്ദുനാ സന്നിധം മർത്യജന്മം ഇതൊക്കെ ഈ അവധൂതൻ ഈ അർത്ഥം വരുന്ന കാര്യങ്ങളാണേ ശരീരത്തെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ എഴുത്തച്ഛന്റെ ഈ ഉദ്ധരണികൾ ഇവിടെ എടുത്തു കാണിക്കുന്നത് പനിസന്തപ്ത ലോഹ സ്താമ്പു പിന്തുണ സന്നിഭം മർത്യചിന്നം ക്ഷണഭം കുരം അങ്ങനെ ഒലയിലിട്ട് ചൂടുപിടിപ്പിച്ച് പഴുപ്പിച്ചിരിക്കുന്ന ഒരു ഇരുമ്പ് കക്ഷിയിൽ ഒരു തുള്ളി വെള്ളം വീണാൽ എന്താ അതിൻ്റെ ഗതി അതുപോലെ ഉള്ളു ഈ സംസാര കൊടും തീയിൽ വന്ന് പിറന്നിരിക്കുന്ന മനുഷ്യന്റെ സ്ഥിതി വസതി കുട്ടിക്കാലത്തും ഞാന് ഈ രാമായണമൊക്കെ പണ്ട് ഇച്ചെറത്ത കാലത്ത് രാമായണം വായിച്ച് വീട്ടില് എന്തെങ്കിലും ആഹാരം കഴിക്കാൻ അനുവദിക്കുക അപ്പൊ അത്താഴം കഴിക്കണമെങ്കിൽ രാമായണം ഒരു പത്തിരുപത് മിനിറ്റെങ്കിലും വായിച്ചിരിക്കണം അവിടെ എല്ലാരും കേൾക്കണം വീട്ടിൽ കുറച്ചു കാലം ഞാനായിരുന്നു ഈ രാമായണം വായനയുടെ ചുമതലക്കാരൻ അങ്ങനെ രാമായണം വായിച്ചപ്പോഴേ ഈ ഭാഗമൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷെ അന്നെനിക്ക് തോന്നിയോ ഇത്രയൊക്കെ കടുപ്പിച്ചൊക്കെ പറയണോ അന്യസന്ധത്ത ലോഹസ്ഥാമ്പു ബിന്ദുനാമൻ സന്നിധം ഇപ്പോഴാണ് ബോധ്യപ്പെടുന്നത് ഇതങ്ങേറ്റം പരമാത്രം അത് കാലയുകൂട്ടി തന്നെ നമുക്ക് കുറേയൊക്കെ ഗ്രഹിക്കാനും ധീരമായി നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കവേ തന്നെ നമ്മുടെ ഗുരുവായൂരപ്പൻ പറഞ്ഞ ആ കാര്യം ബുദ്ധവരോട് പറഞ്ഞ കാര്യം എന്താത് എജം മനസാവാചാചക്ഷുഭ്യം ശ്രവണാതി നൈശ്വര്യം ഗൃഹ്യമാണം ച വിധി മായാ മനോമയം ഇത് വെറും മായാണത്വരെ അതുകൊണ്ട് ഇതിൽ പറ്റിപ്പിടിച്ചു നിൽക്കരുത് എന്ന് പറഞ്ഞ ആ കാര്യം നല്ല ദൃഷപ്പെടുത്തി അനുഭവിക്കാനും കഴിഞ്ഞാൽ നമ്മൾ അതിരച്ച ഭാഗ്യവാൻ അതല്ലെങ്കിൽ ചെറുപ്പകാലത്തൊക്കെ ഇത്രയൊന്നും നമുക്ക് തോന്നില്ല അവസാനമാവുമ്പോ ജീവിതം പൂർണ്ണ നിരാശയിലും ഞാനിപ്പോ പലരെയും കുറിച്ച് കേൾക്കുന്നുണ്ട് എൻ്റെ കൂട്ടുകാരും പലരും അവർക്കൊക്കെ ഒരാളാണ് എന്തിനെ ഞാൻ ജീവിക്കണം എന്നെ കൊണ്ടാർക്കും കടുത്ത നിരാശയാണ് എല്ലാവരും വിട്ടുപോയി മക്കളും അവർ വെറുതെ ആരും അന്വേഷ നേരെ അന്വേഷിക്കുന്നില്ല അവർ ചോദിക്കുന്ന ഇതാണ് എന്നെ കൊണ്ടാർക്കും ഒരു പ്രയോജനമില്ല ഞാനിനി എന്തിനു ജീവിക്കണം അസാധാരണമായ നിരാശ ഈ നിരാശയിലൊന്നും ചെന്നപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവധൂതൻ പറയുന്ന കാര്യം അവധൂതൻ ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ ദുഃഖമൊഴിവാക്കൂ എത് മഹാരാജാവേ അങ്ങ് ദുഃഖമൊഴിവാക്കൂ അങ്ങ് ബ്രഹ്മനിഷ്ഠൻ ുഃഖം സുഖം സുഖം നമ്മുടെ സ്വരൂപം ദുഃഖം അജ്ഞത കൊണ്ട് കൃത്രിമമായി നമ്മൾ വരുത്തിവെക്കുന്നത് സങ്കല്പം അവധൂത ഏതു സംവാദം ഭാഗവത ഹൃദയത്തിൽ വളരെ വിസ്തരിച്ച് പരിപാലിച്ചിട്ടുണ്ട് പറ്റുമെങ്കിൽ അതൊക്കെ വാങ്ങിച്ചു വായിക്കുക അതൊക്കെ മുഴുവൻ ചർച്ച ചെയ്യാൻ നമുക്കിവിടെ ഏർ സമയമില്ല ഈ ഒറ്റക്കാര്യം ദുഃഖം ഒഴിവാക്കുക ധീരമായി ഒരു തീരുമാനം എടുക്കുക ദുഃഖിക്കുകയില്ല ഞാൻ ചെയ്യാനുള്ളതൊക്കെ സ്വയം മരിച്ചും വേണമെങ്കിൽ മറ്റുള്ളവർക്ക് ആർക്ക് വേണ്ടിയോ ചെയ്യാം കുടുംബത്തിന് വേണ്ടിയോ ആർക്കു വേണ്ടിയോ പക്ഷേ ദുഃഖിക്കയില്ല ആ ദുഃഖ സംയോഗിയോഗം ജീവിതത്തിൽ നടപ്പാക്കാനുള്ള കരുത്ത് ജഗതീശ്വരൻ നമുക്കൊക്കെ തരുമാറാം